തന്നെ ബാധിച്ചൊരു പ്രയാസത്തിനു ശേഷം നാം അവനെ ഐശ്വര്യം രുചിപ്പിച്ചുകൊടുത്താൽ തീർച്ചയായും അവൻ പറയും എന്റെ സങ്കടങ്ങളെല്ലാം എന്നിൽ നിന്ന് നീങ്ങിപ്പോയിരിക്കുന്നു എന്ന് തീർച്ചയായും അവൻ അത്യന്തം സന്തോഷവാനും അഹങ്കാരിയുമാണ്